അവർക്ക് ഗുണകരമായത് വരുമ്പോൾ അവർ പറയും ഇത് ഞങ്ങൾക്ക് ലഭിച്ചതാണ് എന്നാൽ അവർക്കെന്തെങ്കിലും ദോഷം സംഭവിച്ചാൽ മൂസ അലഹിസ്ലാമിനെയും അദ്ദേഹത്തോടൊപ്പമുള്ളവരെയും അവർ ദുശ്യഗുനമായി കരുതും അറിയുക അവരുടെ വിധി അള്ളാഹു സുബാനഹുവ താലായുടെ അടുക്കലാണ് എന്നാൽ അവരിൽ ഭൂരിഭാഗവും അതറിയുന്നില്ല